ഫ്രീസിലോഡ് കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പുടിമാറാകട്ടെ ഒരു യൂത്ത് മീറ്റിങ്ങോടെ ഇവിടെ കൂടി വരുവാൻ കർത്താവ് സഹായിച്ചു കർത്താവിൻ്റെ സ്നേഹത്തെയും കർത്താവിനോട് എൻ്റെ സ്നേഹത്തെയും ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുവാനുള്ളൊരവസരമായിട്ട് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു ഞാനിങ്ങനെ എന്ത് ഷെയർ ചെയ്യണം എന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എൻ്റെ ഒരു ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ട് തീരുന്നോളാം ഞാൻ കുറച്ച് കുറച്ച് നാളുകളായിട്ട് കൊച്ചിയിലായിരുന്നു സമയത്ത് എൻ്റെ ഒരു ഒരു പ്രി ഒരു ഒരാളുമായിട്ട് പരിചയപ്പെടുവാനായിട്ടിടയായി എനിക്ക് മുമ്പ് പരിചയമില്ല എന്നാൽ ആളിനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുകയും ഒക്കെ പുള്ളി ഇങ്ങനെ എൻ്റെ ഫെയ്ത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പം ആളൊരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ് കുറച്ച് നോളജും ചർച്ച് ഹിസ്റ്ററിയും ഒക്കെ അറിയാവുന്ന ആളാണ് അപ്പം ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് എനിക്ക് കുറച്ച് അറിയാവുന്നൊക്കെയാണ് ഞാൻ ആളുമായിട്ടിങ്ങനെ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പം മനസ്സിലായി ഒത്തിരി ആൾക്ക് നോളജ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ പുള്ളി പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചു ചില കാര്യങ്ങൾക്കെനിക്ക് കറക്റ്റ് ആൻസറ് പറയാനായിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ വൈകിട്ട് ഇങ്ങനെ ആളിനെ പിന്നെയും മീറ്റ് ചെയ്യും പുള്ളി പിന്നെയും ചോദിക്കും എന്തൊരു പ്രത്യേകിച്ച് ജീവമൊഴികളിലൊക്കെ നേരത്തെ എഴുതിയത് വായിച്ചതും ഒക്കെ വെച്ചാണ് ഞാൻ സംസാരിച്ചത് അപ്പം പുള്ളി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു അപ്പം എന്നെ അതിങ്ങനെ ചിന്തിപ്പിച്ചു പല കാര്യങ്ങളും എന്താണ് പുള്ളി ചോദിച്ചത് അവസാനം പുള്ളി ഫെയ്ത്ത് പറഞ്ഞെത്തുമ്പം എത്തുന്നത് ഇതൊക്കെ ആരാ പറഞ്ഞത് ഇതൊക്കെ സത്യമാണെന്ന് അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലെത്തി അപ്പം എന്നെ റിയലി ചലഞ്ച് ചെയ്തു അതിനെന്താണ് റെസ്പോണ്ട് ചെയ്യേണ്ടി പിന്നെ ഞാനത് ആ ഡിസ്കഷൻ അവിടെ നിർത്തി അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം ഇങ്ങനെ ഞാൻ രാവിലെ ബൈബിളെടുത്ത് വായിച്ചപ്പോൾ ഒരു പോർഷൻ എന്നെ എൻകറേജ് ചെയ്തു അത് അതിലൂടെ എനിക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ എത്രത്തോളം കർത്താവിനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ കർത്താവ് എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നു അത് ഇന്നിവിടെ നിന്നപ്പം കേൾക്കാനും സാധിച്ചു പൗലോസിൻ്റെ ജീവിതത്തിൽ എന്നെ എൻകറേജ് ചെയ്ത പോർഷൻ ഇതാണ് ലൂക്ക് സോറി യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാമധ്യായ തൊഴി യോഹന്നാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം അവിടെ ജന്മന ഒരു കുരുടനായ ഒരു വ്യക്തിയെപ്പറ്റി പറയുന്നുണ്ട് അത് മറ്റു ഈ പിറവിയിലെ കുരുടനായ ഒരുവനെ യേശു സൗഖ്യമാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എടുത്ത് വായിക്കാനിടയായ പോഷൻ ഇതാണ് അതിൻ്റെ ഇരുപത്തി വാക്യം അവിടെ പരീഷന്മാരോട് ഈ കുരുടനായ വ്യക്തി പറയുന്ന ഒരു റിപ്ലൈ ആണ് അതിന് അവൻ അവൻ പാപി പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല ഒന്ന് ഞാൻ അറിയുന്നു ഞാൻ കുരുടനായിരുന്നു ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇത് ഞാൻ പറയാനായിട്ട് കാരണം പുള്ളി ഒത്തിരി കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചപ്പം എന്നെ ദൈവം എൻകറേജ് ചെയ്തൊരു കാര്യം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്നുള്ളതാണ് ഹൗ എത്രത്തോളം ദൈവം എന്നെ സ്നേഹിക്കുന്നു ഞാൻ ഒരു ബ്ലൈൻഡായിരുന്നു ബട്ട് നോ ഐ സി അതാണ് അവിടെ ആ കുരുടനായ വ്യക്തി പറയുന്നത് പൈശന്മാർ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു ആരാണ് എന്നെ സൗഖ്യമാക്കിയത് അതുപന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ പറയുന്നുണ്ട് അപ്പനമ്മമാരെ വിളിച്ചു വരുത്തി ചോദിച്ചു ഇതാരാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ ഹൂതന്മാരെ പേടിച്ച് പല ഒഴിവുകളും അവന് പ്രായമായല്ലോ അതുകൊണ്ട് അവൻ തന്നെ ആൻസർ ചെയ്യാനൊക്കെ ആൻസർ ചെയ്യാൻ പ്രായമായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് താഴെ വന്നിട്ട് അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഇങ്ങനൊരു റിപ്ലൈ ആണ് ഈ സിന്നർ സിന്നറാണ് ഞാൻ ഒരു സിന്നറാണ് ഞാനൊരു സിന്നറാണ് ഞാനൊരു ബ്ലൈൻഡായിരുന്നു ദൈവം എന്നെ സൗഖ്യമാക്കി എനിക്കത് കൂടുതൽ ഒന്നും പറയാനായിട്ടില്ല നോ ഐ സി അതായത് ഞാൻ ബ്ലൈൻഡായിരുന്നു ഞാൻ സിന്നിൽ ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു എനിക്ക് പാപക്ഷമ തന്നു അതിനുവേണ്ടി അതിനുവേണ്ടി ദൈവം വില കൊടുത്തു അതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുവെന്ന് ഞാൻ ആ സഹോദരനോട് പറയാനായിട്ട് ഇടയായി ആ സഹോദരൻ അത് കഴിഞ്ഞ് പിന്നെ ഓപ്പണായിട്ട് കുറച്ച് കാര്യങ്ങൾ പുള്ളി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കിയൊരു കാര്യം നമ്മുടെ നമ്മുടെ ഒരു പ്ലാനുകളല്ല കർത്താവിൻ്റെ പ്ലാനുകൾ നമ്മൾ പല നോളജബിളാണ് അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്നേഹം ഇത്രത്തോളം ഞാൻ അനുഭവിച്ചു ഒരിക്കൽ അനുഭവിച്ചു പക്ഷേ ബ്രദറെന്ന് പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ഈ വർഷം ആദ്യം ഇവിടെ ബ്രദേഴ്സ് ഷെയർ ചെയ്തൊരു വാക്യാണ് എഫ് എസ് സിയർക്ക് ലേഖനം അതിൻ്റെ രണ്ടിൻ്റെ പതിനേഴ് പതിനെട്ട് ആ വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വീരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിക്കാനും പരിജ്ഞാനത്തേക്ക് അറിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാക്കണം ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്നും പ്രാർത്ഥിക്കുന്നു ഞാന് ചിന്തിച്ചപ്പം ഒരിക്കൽ ഒരു പ്രത്യേക സർക്കംസ്റ്റാൻസിലൂടെ കർത്താവിനെ അറിഞ്ഞു പക്ഷേ ആ ഒരു ഇതിൽ നിന്ന് മുമ്പോട്ട് പോകുന്നുണ്ടോ ഹൗ ഡീപ് ഇറ്റ് ഈസ് എന്നുള്ളൊരു ഇത് എന്നെ ടെസ്റ്റ് ചെയ്യുവാനായിട്ട് പിന്നെ ഞാൻ ആൾക്കാരെ ഇവിടെ പറഞ്ഞ് കേട്ടിട്ടുള്ളതുപോലെ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും അവരുടെ എന്താണെന്ന് കേൾക്കുക എന്നിട്ട് സംസാരിക്കുക എന്നുള്ളൊരു ഇത് മനസ്സിലാക്കി ഞാൻ ഈ ഒരു സർക്കംസ്റ്റാൻസിലൂടെ മനസ്സിലാക്കി കർത്താവ് എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു വാക്കിൽ ഒതുങ്ങി തീർക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആ വ്യക്തിയോട് ഷെയർ ചെയ്യാനൊക്കെ ഇടയായി എന്നാൽ അദ്ദേഹം തൻ്റെ തൻ്റെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യേണ്ട ഒരു നല്ല ഒരു സർക്കംസ്റ്റാൻസിലേക്ക് എത്തിയൊരു നല്ല റിലേഷൻഷിപ്പിലേക്ക് എത്തുവാനായിട്ട് ദൈവം ഇടയാക്കി ഇതിലൂടെ എനിക്ക് മനസ്സിലായൊരു കാര്യം കർത്താവിൻ്റെ സ്നേഹം സ്റ്റേബിളാണ് എപ്പോഴും അത് ഞാനാണ് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ക്രമീകരിക്കേണ്ടത് പലപ്പോഴും എന്നെ എൻകറേജ് ചെയ്യുന്നൊരു പോർഷനാണ് ഡാനിയലിൻ്റെ ജീവിതം ഡാനിയലിൻ്റെ ബുക്ക് ആറാം സിക്സ് ചാപ്റ്റർ ഒരു ഒരു വാക്യം ഒരു ഒരു പോർഷൻ ഞാൻ പറയാനായിട്ട് ആറാമത്തെ അദ്ദേഹത്തിൽ വരുമ്പോൾ ഡാൻ ബാബിലോണിലൊരു കമ്മീഷണറായിട്ട് ഇരിക്കുക മൂന്ന് പേരിൽ ഒരു ഒരാൾ നൂറ്റി ഇരുപത് പേരെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടുള്ളൊരു കമ്മീഷണറായിട്ടിരിക്കുമ്പം ഡാനിയലിനെതിരെ ഈ മറ്റുള്ള കമ്മീഷണേഴ്സ് പല കാര്യങ്ങളും ചെയ്തു കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഹി ബിക്കോസ് ഹി വാസ് എന്നാൽ ഡാനിയൽ ഉത്കൃഷ്ട മാനസനായതുകൊണ്ട് അവൻ അദ്ധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരെയും വിശ വിശിഷ്ടനായി വിളങ്ങി രാജാവ് അവനെ സർവരാജ്യത്തിന് അധികാരം ഏൽപ്പിക്കാൻ വിചാരിച്ചു നമ്മൾ കേൾക്കുമ്പം ഹി വാസ് ഹാവിങ് എൻ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് എന്നാണ് ഇവിടെ പറയുന്നത് അവൻ പ്രൊസസ് ആ ഒരു സ്പിരിറ്റ് കയ്യിലുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പത്താമത്തെ വാക്യം വരുമ്പോഴത്തേക്കും ഒരു കാര്യം പറയുന്നു ഹി വാസ് പ്രാക്ടീസിങ് വൺ തിങ് ഡെയിലി പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ അവൻ അതിൻ്റെ പത്താമത്തെ വാക്കിൽ അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ എരിശലേമിന് നേരെ തുറന്നിരുന്നു താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു താൻ ചെയ്തിരുന്ന ഒരു പ്രാക്ടീസാണ് യരിശലൈം അതായത് കർത്താവിൻ്റെ സഭ അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി നമ്മുടെ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ഡാനിയിലും അവിടെ നോക്കുന്ന പറഞ്ഞ ഒരു രാജാവിൻ്റെ ഫെസിലിറ്റിയിലും നോക്കുന്ന പറഞ്ഞൊരു കമ്മീഷണറാണ് അവന് അവിടെ നിന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല പക്ഷെ അവിടെ പറയുന്നത് ഹി വാസ് ഹാവിങ് എൻ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് താൻ ജീവിച്ചിരുന്ന ആ സർക്കം നമ്മളെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കോളേജിലാണെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പഠിക്കുന്ന സ്ഥലങ്ങളിൽ വെദർ അതർ പീപ്പിൾ ആർ സീയിങ് എസ് with an extraordinary spirit abadiya mattulloru namale recognize ine adinu daniel cheetha karyangalana taadu parayune who was was asking the lord he was having fellowship with the lord three times a day was praying and giving thanks before his god as he had been doing previously munbu cheeduvana pole thanne tande jeevathil angane oru practice undayirunnu പ്രത്യേകാൽ എന്നെ എൻകറേജ് ചെയ്ത് ദിവസങ്ങളിൽ എൻകറേജ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് വെദർ ഐ എം ഞാൻ ഈ ദിവസ കർത്താവിനോട് ആ ഫെലോഷിപ്പ് ഒരു ദിവസം കൊണ്ട് ഒരു സമയം കൊണ്ട് ഒതുങ്ങി പോകുന്നതാണോ അതോ വെദർ ഐ എം ഹാവിങ് ആ കണ്ടിന്യൂസ് ഒരു ഫെലോഷിപ്പ് ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് നയിക്കാനായിട്ട് നമ്മളായിരിക്കുന്ന സാധനങ്ങളിൽ പറ്റും നമ്മുടെ നമ്മളിവിടെ കേൾക്കുന്നതിന് അഗൈൻസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് പല സാഹചര്യങ്ങളിലും പ്രത്യേകം ഞാൻ കൊച്ചിയിലൊക്കെ ആയിരിക്കുമ്പം നമ്മുടെ ക്ലാസ്സിലും ക്ലാസ്സസിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒത്തിരി പേരെ പരിചയപ്പെടാനൊക്കെ അപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ വേറൊരു ലോകത്ത് ജീവിക്കുന്ന പോലെയാണ് കാരണം നമുക്ക് ചില കാര്യങ്ങൾ പറ്റത്തില്ല അവരെ റെസ്പോണ്ട് ചെയ്യുന്ന പോലെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അവിടെ ദൈവത്തിൻ്റെ ഗ്രേസ് ഉണ്ടെങ്കിലേ നമുക്ക് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും അത് കഴിയുമ്പം നമ്മൾ പിന്നെ ഇവിടെ വന്നിരുന്ന കേക്കും പല ഒരു ഗിൽറ്റി ഫീലിങ്ങിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇവിടെ ഡാനിയൽ പ്രാക്ടീസ് ചെയ്തിരുന്നൊരു കാര്യം ഹി വാസ് ഹാവിങ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ഇവിടെ പർട്ടിക്കുലർലി പറയുന്ന ത്രീ ടൈംസ് ഡേ ഡേവിഡും ദാവീദും ഒരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സങ്കീർത്തനം അമ്പത്തി അഞ്ചിൽ സങ്കീർത്തനം അമ്പത്തി അഞ്ചിൻ്റെ പതിനേഴ് ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും ഡേവിഡ് ദാവീദ് തൻ്റെ ഡിഫിക്കൾട്ട് ടൈംസിൽ വിൽഡർനസിലൂടെ പോകുന്ന സമയത്ത് താൻ പാടുന്ന പാട്ടുകളാണല്ലോ സങ്കീർത്തനം അതിന് ഒരു ഒരു ഒരു വേഴ്സാണ് ഇതിനകത്ത് ഡാനി ഡേവിഡിനും അങ്ങനെ ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു ഞാനും അതിനായിട്ട് ആഗ്രഹിക്കുന്നു കർത്താവിനെ ആ കണ്ടിന്യൂസ് ഫെലോഷിപ്പിൽ കർത്താവിനെ സ്നേഹിക്കാൻ കർത്താവിന് എന്നെ സ്നേഹിച്ച പോലെ തിരിച്ച് സ്നേഹിക്കുന്നതിൽ ഒരു ഡിസിപ്ലിനും ആ ഒരു കമ്മിറ്റ്മെൻറ്റും ആ ഒരു റിലേഷൻഷിപ്പും ഞാൻ അധികമായിട്ട് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നു എല്ലാവരും സഹായിക്കട്ടെ